ശ്രീ പരമാത്മനെ നമ യഥാർത്ഥ ഗീത ശ്രീമദ്ഭഗവത്ഗീത അധ ഷോഡോധ്യായ ഇനി പതിനാറാം അധ്യായം യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തന്റേതായ ഒരു പ്രത്യേക ശൈലിയുണ്ട് ആദ്യം വിഷയത്തിന്റെ വൈശിഷ്ട്യത്തെപ്പറ്റി പ്രസ്താവിക്കും അതിലൂടെ ആളുകളെ ആകർഷിച്ചിട്ട് വിഷയം വിശദീകരിക്കും ഉദാഹരണമായി കർമ്മത്തിന്റെ കഥ തന്നെ എടുക്കുക രണ്ടാം അധ്യായത്തിൽ കർമ്മം ചെയ്യാൻ പ്രേരണ നൽകി മൂന്നാം അധ്യായത്തിൽ നിർദ്ധാരിത കർമ്മങ്ങളെപ്പറ്റി യജ്ഞകർമ്മത്തെപ്പറ്റി വിവരിച്ചു നാലാമധ്യായത്തിൽ പത്ത് പതിനാല് വിധികളെപ്പറ്റി വിവരിച്ചിട്ട് യജ്ഞസ്വരൂപത്തെ സ്പഷ്ടമാക്കി അങ്ങനെ കർമ്മമെന്തെന്ന് വ്യക്തമാക്കി യോഗം ധ്യാനം ആരാധന തുടങ്ങിയ ഇന്ദ്രിയ മനസ്സുകളുടെ ക്രിയതന്ന കർമ്മം ഇതുപോലെ ഒമ്പതാം അധ്യായത്തിൽ ദൈവീക സമ്പത്തിന്റെയും ആസുരസമ്പത്തിന്റെയും സവിശേഷതകളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞു ആസുര സ്വഭാവക്കാർ എന്നെ നിസ്സാരനായി കരുതി നിന്നിക്കുന്നു ദൈവീക സമ്പത്തുള്ളവരാകട്ടെ എന്നെ ബഹുമാനിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നു എന്നാൽ ീ സമ്പത്തികളുടെ സ്വരൂപവും ഘടനയും അവിടെ വിവരിച്ചില്ല അക്കാര്യത്തെപ്പറ്റി ഇവിടെ വിവരിക്കാൻ പോകുന്നു ശ്രീ ഭഗവാൻ ഉച്ചു ദർജവം ദൈവിക സമ്പത്തുകൾ ഏവയെന്നും പറയുന്നു ഭയമില്ലായ്മ അന്ധക്കരണശുദ്ധി തത്വജ്ഞാനം നേടി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ സർവസ്വസമർപ്പണം ഇന്ദ്രിയ നിഗ്രഹം യജ്ഞാചരണം സംയമാഗ്നിയിലും ഇന്ദ്രിയാഗ്നിയിലും പ്രാണാപാനാഗ്നികളിലും ഒടുവിൽ ജ്ഞാനാഗ്നിയിലും ഹവനം നടത്തൽ ഇത് മനസ്സിലും ഇന്ദ്രിയങ്ങളിലും നടത്തുന്ന ആരാധനയാണ് അല്ലാതെ പുറമെ എണ്ണ നെയ്യ് തുടങ്ങിയവ കൊണ്ട് നടത്തുന്ന ബാഹ്യമായ ചടങ്ങല്ല സ്വരൂപത്തിലേക്ക് നയിക്കുന്ന അധ്യയനം തപസ് അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരമാത്മാവിൻ്റെ നേർക്ക് നയിക്കൽ ആർജവം അതായത് ശരീരേന്ദ്രിയ മനസ്സുകളുടെ സരളത എന്നിവയും സത്യമകോധ ത്യാഗ ശാതിര പൈശുനം ദയാൂത്തെ മാർവം ഹ്രീരചാപ്പലം അഹിംസ അതായത് ആത്മാവിനെ ഉദ്ധരിക്കൽ ആത്മാവിനെ അധോഗിതിയിലേക്ക് നയിക്കുന്നതാണ് ഹിംസ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രജകളെ ഹനിക്കുകയും വർണ്ണസങ്കരത്തിന് കൂട്ടുനിൽക്കുകയുമാവും ഫലം ആത്മാവിന്റെ ശരിയായ വർണ്ണമാണ് പരമാത്മാവ് അതിൻ്റെ പ്രകൃതിയെ മാറ്റിമറിക്കുന്നതാണ് വർണ്ണസങ്കരം എന്ന ഹിംസ സത്യം അതായത് മൂന്ന് കാലങ്ങളിലും മാറ്റത്തിന് വിധേയമാകാത്തതാണ് സത്യം കോപിക്കാതിരിക്കൽ സർവസ്വസമർപ്പണം നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങളെ ത്യജിക്കൽ ചിത്തത്തെ ചഞ്ചലമാക്കാതിരിക്കൽ നിന്നയകർമ്മങ്ങൾ ചെയ്യാതിരിക്കൽ സർവപ്രാണികളിലും ദയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ കോമളത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ലജ്ജ ചാബല്യം കാട്ടാതിരിക്കൽ എന്നിവയും തേജക്ഷമാദ്രോഹോ നാതിമാനിതാ ഭവസമ്പ തേജസ് അഥവാ ഈശ്വര തേജസ് ഉള്ളിലും പുറത്തും ഉണ്ടായിരിക്കൽ ആ തേജസ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്കുലീമാലന് പോലും മനംമാറ്റമുണ്ടാക്കാൻ ബുദ്ധന് ക്ഷമ ധൈര്യം ശുദ്ധി ആരോടും ശത്രുത്വം പുലർത്താതിരിക്കൽ താൻ വലിയ മാന്യനാണെന്ന് ഭാവിക്കാതിരിക്കൽ എന്നിവയുമാണ് ദൈവീക സമ്പത്തിനെ പ്രാപിച്ച പുരുഷന്റെ ലക്ഷണങ്ങൾ സാധനകൾ പരിപക്വതയിലെത്തിയ ആളുകളിലാണ് ഈ ഇരുപത്താറ് ഗുണങ്ങൾ കാണുക ഇവയിൽ കുറേയൊക്കെ അർജുനനും ഉണ്ടാവും ആസുരസമ്പത്തുകളുള്ളവരിലും ഈ ഗുണങ്ങൾ സുപ്താവസ്ഥയിൽ ഉണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ വലിയ പാപികൾക്ക് പോലും നന്മ നേടാനുള്ള അവകാശമുണ്ടെന്ന് വന്നുകൂടുന്നു അടുത്തതായി ആസുരസമ്പത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നു ോധ പാരുഷ്യമേ അജ്ഞാജസം പദമാസുരീ പാർത്ഥ ഡംബ് അഹങ്കാരം ഗർവ് കോപം പരുഷമായി സംസാരിക്കൽ അറിവില്ലായ്മ എന്നിവ ആസുരി സമ്പത്തുള്ളവരുടെ ലക്ഷണങ്ങളാണ് ഈ രണ്ടുതം സമ്പത്തുകളുടെയും പ്രയോജനങ്ങൾ ഏവ ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ സമ്പദം ദൈവീ ഇവയിൽ ദൈവീക സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ബന്ധനത്തിനും കാരണമായി തീരുന്നു അർജുന നീ ദുഃഖിക്കരുത് കാരണം ദൈവീക സമ്പത്തിനവകാശിയായി തീർന്നിരിക്കുകയാണെന്നീ നീ മുക്തനാകും അതായത് എന്നോട് ചേരും ർഗ ലോകേസ്ൻ ദശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു അർജുന ഈ ലോകത്തിൽ മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരത്തിലാണ് ദേവന്മാരെപ്പോലെയും അസുരന്മാരെപ്പോലെയും ഉള്ളിൽ ദൈവീക സമ്പത്ത് പ്രവർത്തനക്ഷമമാക്കുന്ന മനുഷ്യനെ ദേവനെന്നും ആസുരസമ്പത്ത് പ്രവർത്തിപ്പിക്കുന്ന ആളെ അസുരനെന്നും വിളിക്കാം സൃഷ്ടിയിൽ ഇങ്ങനെ രണ്ട് ജാതിയേ ഉള്ളൂ അറേബ്യയിലോ ഓസ്ട്രേലിയയിലോ എവിടെ ജനിച്ചാലും ഈ രണ്ടിലൊരു ജാതിയെ ജനിക്കൂ വന്മാരുടെ സ്വഭാവം വിസ്തരിച്ചു പറഞ്ഞു ഇനി അസുരന്മാരുടെ സ്വഭാവം വിവരിക്കുന്നു പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച് ജനാന വിദുരാസുരാ നശൌചം നാപിചാചാരോ അർജുന അസുരന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യരുതാത്ത കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാനോ താൽപ്പര്യം കാണിക്കുന്നില്ല അവർക്ക് ശുദ്ധിയും വൃത്തിയുമില്ല സദാചാരമോ സത്യസന്ധതയോ ഇല്ല അവരുടെ ചിന്താഗതി എങ്ങനെയാകുന്നു തിഷ്ഠം ജഗദാഹുരനീശ്വരം അപരസ്പം കാമഹേതുകം അസുരപ്രകൃതികൾ പറയുന്നത് ലോകത്തിനാശ്രയമായി ഒന്നുമില്ലെന്നും സൃഷ്ടി സൃഷ്ടികർത്താവ് എന്നതെല്ലാം സത്യമല്ല അതിലെല്ലാം ഒരു വാസ്തവവുമില്ല സ്ത്രീ പുരുഷ സംയോഗത്തിനാൽ ജന്മമുണ്ടാകുന്നു ജന്മമാകട്ടെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ഉള്ളതാകുന്നു എന്നതാണിവരുടെ അഭിപ്രായം ോഹിത ഇങ്ങനെയുള്ള തെറ്റായ കാഴ്ചപ്പാട് മൂലം സ്വഭാവം നഷ്ടപ്പെട്ട മന്ദബുദ്ധികളും അപകാരികളും ക്രൂരകർമാക്കളുമായ മനുഷ്യർ ലോകത്തിന്റെ നാശത്തിനു വേണ്ടി മാശിത്യുഷൂരം ദംഭമാന മദാവിഗൃത്ത സദ്ഗ്രഹ പ്രവർത്തു ചിവ്ര മനിഷ്യർ അഹങ്കാരം മദം എന്നീ ദുർഗുണങ്ങളോടുകൂടി നിറവേറ്റാത്ത കാമനകളുമായി അജ്ഞതയാൽ മിഥ്യാസിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് അശുഭകരവും ഭ്രഷ്ടവുമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്നു അവർ ഭ്രഷ്ടരാണെങ്കിലും വ്രതം ചെയ്യുന്നു പ്രളയാശ്രിതോപഭപരമാവധിതിനിശ്ചിത അവർ അവസാന ശ്വാസം വരെ അനന്തമായ ചിന്തകളിൽ മുഴുകി വിഷയസുഖമാണ് ഏറ്റവും വലിയ സുഖം എന്ന് കരുതി കഴിയുന്നു എത്ര കൂടുതൽ ഭോഗങ്ങൾ അനുഭവിക്കാമോ അത്രയും നന്ന് ഒന്നുമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാമക്രോധപരാണാ യാരക്കണക്കിന് ആശാപാശങ്ങളാൽ വരിഞ്ഞ് കട്ടപ്പെട്ട് കാമക്രോധങ്ങൾ കടിമപ്പെട്ട് ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആർത്തിയോടെ അവർ വളഞ്ഞ വഴികളിലൂടെ പണം വാരിക്കൂട്ടുന്നു രാപകൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിയുന്നു ഇതയാ ലബ്ധം ഇമം പ്രാപ്സേ മനോരഥം ഇതമസ്തി മേ ഭവിഷ്യത്തിനർ ഞാനിന്ന് േടി ഇനി കൂടുതൽ നേടാനുള്ള ആഗ്രഹവും നിറവേറും എന്റെ പക്കൽ ഇത്രയും ധനമുണ്ട് ഇനി ഇതിനേക്കാൾ അധികം സമ്പാദിക്കുകയും വേണം അസൗമയാത്രീ ഹംഭി സിദ്ധോഹം ബലവാൻ സുഖി ഈ ശത്രുവിനെ ഞാൻ കൊന്നുകഴിഞ്ഞിരിക്കെയാണ് മറ്റു ശത്രുക്കളെയും ഞാൻ കൊല്ലും ഞാൻ ഈശ്വരനാണ് ഐശ്വര്യം അനുഭവിക്കുന്നവനും ഞാൻ തന്നെ ഞാൻ സിദ്ധനും ബലവാനും സുഖിയുമാണ് ആജനവാൻസ്മ കോന്യസ്തി സദൃശോ മയാദിശാനവിമോഹിതാൻ വലിയ ധനവാനും വലിയൊരു കുടുംബം ഭരിക്കുന്നവനുമാണ് എനിക്ക് തുല്യനായി മറ്റാരുമില്ല ഞാൻ യജ്ഞകർത്താവും എന്തും ദാനം ചെയ്യുന്നവനും അത്യന്തം സന്തുഷ്ടനുമാകുന്നു ഈ രീതിയിലുള്ള അജ്ഞാനജന്യമായ ചിന്തകളാൽ മോഹിതരാണ് അസുരപ്രകൃതിയുള്ള ആളുകൾ അപ്പോൾ ദാനം ചെയ്യുന്നതും അജ്ഞാനം കൊണ്ടാണെന്നാണോ ഇതിന് സമാധാനം അടുത്ത ശ്ലോകങ്ങളിൽ പ്രത്യേകിച്ച് പതിനേഴാം ശ്ലോകത്തിൽ കാണാം ഇത്രയും കൊണ്ട് മാത്രമായില്ല നിരവധി ഭ്രാന്തഭാവനകൾ അവരെ വേട്ടയാടുന്നുണ്ട് അവ താഴെ ചേർക്കുന്നു ിത്ത വിഭ്രാത മോഹജാൽസൃത പ്രസക്തഭോഗി നരക്കു അനേകം ഭ്രാതചിന്തകളാ മോഹജാലങ്ങളാ നിലതെറ്റിക്കഴിയുന്ന ആസുരപ്രകൃതികളായ ആളുകൾ വൃത്തികെട്ട നരകങ്ങളിൽ ചെന്ന് വീഴും വിഷയഭോഗങ്ങളിൽ ആസക്തരായ അവർക്ക് ഉറപ്പാണ് എന്താണ് നരകം സ്തബ ധനമാനമതാൻവിത യജന് വിധിപൂർവകം സ്വയം മാന്യന്മാരെന്ന് കരുതി ധനമാന മതങ്ങളാൽ കഴിയുന്ന അവർ ശാസ്ത്രവിധികൾക്ക് വിപരീതമായ യജ്ഞമെന്ന പേരിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്ന വേദവിരോധികളാണ് അവരും യജ്ഞം ചെയ്യുന്നുണ്ടോ ഉണ്ട് പക്ഷേ വേദവിധികൾ അനുസരിക്കാതെയാണെന്ന് മാത്രം ശരിയായ യജ്ഞവിധികളെപ്പറ്റി യോഗേശ്വരൻ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അധ്യായം നാലിൽ ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് അധ്യായം ആറിൽ പത്ത് പതിനേഴ് അഹങ്കാരം ബലം ദുഃപ്പം സംശ്രിതേ പരനിന്ത നടത്തുന്നവരും അഹങ്കാരം കയ്യൂക്ക് ഗർവ് കാമം ക്രോധം എന്നിവയാൽ നിഗളിക്കുന്നവരുമായ ആ പ്രകൃതികൾ അവരിലും മറ്റുള്ളവരിലും അധിവസിക്കുന്ന എന്നെ അങ്ങേയറ്റം വെറുക്കുന്നു ശാസ്ത്രവിധി അനുസരിക്കാതെ യജ്ഞത്തിന്റെ പേരിൽ അവർ നടത്തുന്ന ദുരാചാരങ്ങൾ ഈശ്വരനിന്ദനമാണ് അവർക്ക് രക്ഷാമാർഗമില്ലേ ക്രൂരാൻ സംസാരേഷു നരാധമാജസമുഭാസു എന്നെ വെറുക്കുന്ന പാപികളും ക്രൂരന്മാരുമായ ആ നരാധമന്മാരെ ഞാൻ നിരന്തരം ആസുരയോനികളിൽ തന്നെ ജനിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞത് ഇവരെ നരകത്തിൽ ആസുര ആസുരയോനികളിൽ ജനിക്കുന്നത് നരക തുല്യമാണെന്നർത്ഥം സാധാരണ ജയിലിൽ കിടക്കുന്നത് തന്നെ വിഷമകരം അപ്പോൾ തുടർച്ചയായി ആസുരയോനികളിൽ ജനിക്കേണ്ടി വരുന്നത് എത്രയോ ദുഃഖകരമാണ് അതിനാൽ എല്ലാവരും ദൈവീക സമ്പത്തു നേടാൻ നിരന്തരം ശ്രമിക്കേണ്ടതാണ് ആ സൂരി യോനിമാപന്നൂജന്മനി ജന്മനി മാ കൗ കുന്തി പുത്ര മൂഢാത്മാക്കളായ അവർ ജന്മജന്മാന്തരങ്ങളിലൂടെ ആ സുരയോനികളിൽ ജനിച്ച് എന്നെ പ്രാപിക്കാതെ ആദ്യത്തതിനേക്കാൾ അധമാവസ്ഥയിൽ കഴിയുന്നു ആ നരകാവസ്ഥയുടെ സ്വഭാവമെന്ത് േദം ദ്ശനമാത്മന കാ തസ്തേ താമം ക്രോധം ലോഭം എന്ന പേരുകളിൽ ആത്മാവിനെ നശിപ്പിക്കുന്ന മൂന്ന് നരകദ്വാരകങ്ങളുണ്ട് ആസുരി സമ്പത്തുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് നരകദ്വാരകങ്ങളെയും ഉപേക്ഷിക്കണം ഏതൈർവിമുക്ത കൗത്തെയ തമോദ്വാരീഭീർണര ആചരത്യാത്മനശ്രേയ കുന്തിപുത്ര ഈ മൂന്ന് തമോദ്വാരകങ്ങളെയും ഉപേക്ഷിച്ച് തനിക്ക് പരമകല്യാണപ്രദമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നയാൾ പരമഗതി പ്രാപിക്കും യാസ്ത്രവിധിമുത്സൃജാ നോതി നുഖം നീ ഗീതോക്തങ്ങളായ ശാസ്ത്രവിധികളെ അവഗണിച്ച് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നവർ സിദ്ധിയോ സുഖമോ പരമഗതിയോ നേടുന്നില്ല ഗീത പൂർണ്ണശാസ്ത്രഗ്രന്ഥമാണ് ഇതിഗുഹ്യതമം ശാസ്ത്രം എന്ന് പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപതാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വസ്ഥാ ശാസ്ത്രവിധാനോ കർമ്മ കത്തർസി അതുകൊണ്ട് ഹേ അർജുന ചെയ്യേണ്ടത് എന്ത് ചെയ്യരുതാത്തതെന്ത് എന്നറിയാതെ ഇതി കർത്തവ്യതാമൂഢനായി തീർന്ന നീ ശാസ്ത്രത്തെ പ്രമാണമാക്കി മുന്നോട്ട് നീങ്ങുക ശാസ്ത്രവിധികൾ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണിപ്പോൾ വേണ്ടത് മൂന്നാമധ്യായത്തിൽ യജ്ഞപ്രക്രിയയാകുന്ന നിയതകർമ്മങ്ങൾ ചെയ്യാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചിരുന്നു ആരാധനാ സമ്പ്രദായം സ്വീകരിച്ചാൽ മനോനിരോധവും തദ്വാര ശാസ്ത്രബ്രഹ്മത്തിൽ പ്രവേശനവും സുലഭമാണ് നരകത്തിലേക്ക് വഴി തുറന്നു കാമക്രോധലോഭങ്ങളെ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനമാണ് ഈ അധ്യായത്തിലുള്ളത് ഈ ഉപദേശം വിഗണിക്കുന്ന സ്വേച്ഛാചാരികൾക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത് അവർക്ക് പരമഗതിയുണ്ടാവില്ല അതിനാൽ ഗീതാശാസ്ത്രവിധികൾ മുറുകെ പിടിച്ച് മുന്നേറുകയാണ് ആവശ്യം നിഷ്കർഷം ഈ അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ യോഗേശ്വരൻ ൈവീക സമ്പത്തുകളെപ്പറ്റി വിവരിച്ചു അതിനുശേഷം ആസുരപ്രകൃതികളുടെ ആറ് വികാരങ്ങളെ ചൂണ്ടിക്കാട്ടി ഇവ ബന്ധനത്തിലേക്ക് നയിക്കും മറിച്ച് ദൈവീക സമ്പത്ത് മോചനത്തിലേക്കും മനുഷ്യ രണ്ട് തരത്തിലാണ് ചിലർ ദേവതകളെപ്പോലെ പെരുമാറുന്നു ചിലർ അസുരന്മാരെപ്പോലെയും ഇങ്ങനെ രണ്ട് ജാതികളെ മനുഷ്യവർഗത്തിലുള്ളൂ മൂന്നാമതൊരു ജാതി ഇല്ലാത്തതാകുന്നു അസുരജാതിയിൽപ്പെട്ടവരുടെ വിവേകശൂന്യമായ പെരുമാറ്റങ്ങളെപ്പറ്റി പിന്നീട് വിവരിച്ചു എങ്ങനെയും സുഖഭോഗങ്ങൾ അനുഭവിക്കുക അതാണ് ജീവിത ലക്ഷ്യമെന്നവർ കരുതുന്നു കൃഷ്ണന്റെ കാലത്ത് ഈ ആശയം ചാർവാകമതക്കാർ പ്രചരിപ്പിച്ചിരുന്നു ശ്രീകൃഷ്ണൻ ഇതിനെതിരായി സ്വരമുയർത്തി ശാസ്ത്രവിധിയിലേക്ക് ആളുകളെ നയിച്ചു കാമക്രോധങ്ങളെ ത്യജിച്ചാലേ പരമപഥത്തിന് അർഹനാകൂ കർത്തവ്യത്തെയും അകർത്തവ്യത്തെയും പറ്റി തീരുമാനമെടുക്കുമ്പോൾ ഗീതാശാസ്ത്രത്തെ പ്രമാണമാക്കണം ദൈവീക സമ്പത്തിന്റെയും ആസുരസമ്പത്തിന്റെയും ലക്ഷണവും സ്വഭാവവും അവയ്ക്ക് മാനവ മനസ്സിലുണ്ടാകേണ്ട സ്ഥാനവും ഈ അധ്യായത്തിൽ ഭഗവാൻ ഭംഗിയായി വിവരിച്ചിരിക്കുന്നു ഓം തത്സതി ീമത്ഭഗവത്ഗീതസുനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ദൈവാസുസമ്പദ് വിഭാഗയോഗോ നാമ ഷോടോധ്യായ ഓഹം സത്യം ഇങ്ങനെ ഉപനിഷത്സാരസർവസ്വവും ബ്രഹ്മവിദ്യമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിലെ ദൈവാസുരസമ്പദ്വിഭാഗയോഗം എന്ന പതിനാറാം അധ്യായം തീർന്നു ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗടാനന്ദ്രീമദ്ഭഗവത്ഗീത യഥാർത്ഥഗീതാഭാഷേ दैवासुर दैवासुर्स विभागयोगो नाम षोडशोध्याय श्रीमद्दरमहंसपरानजी महाराजि शिष्यन स्वामी अडगड़ानंदजी रचित यथार्थ गीतमद्भगवीता दा भाष्य दावासुरसपदभाग योग पदाध्या इवेपूर्ण ഹരിോ തത്സ